പറയുക ആരെങ്കിലും വഴിപിഴച്ചവനാണെങ്കിൽ പരമകാരുണികനായ അള്ളാഹു സുബാനഹുവാല അവൻ ആ വഴി വികസിപ്പിച്ചു കൊടുക്കട്ടെ അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടത് ശിക്ഷയോ അല്ലെങ്കിൽ അന്ത്യസമയമോ കാണുന്നതോടെ സ്ഥാനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മോശമായവനും സൈന്യത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ദുർബലനും ആരാണെന്നവർ മനസ്സിലാക്കും